അവൻ അള്ളാഹുസുബഹാനഹുവ ത്യാലയാണ് അവനല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല അവൻ രാജാവും പരിശുദ്ധനും സമാധാനം നൽകുന്നവനും അഭയം നൽകുന്നവനുമെല്ലാം നിയന്ത്രിക്കുന്നവനും പ്രതാപശാലിയും സർവശക്തനും മഹത്വമുള്ളവനുമാണ് അവർ അവനോട് പങ്കുചേർക്കുന്നവയിൽ നിന്ന് അള്ളാഹുസുബഹാനഹുവ ത്യാല പരിശുദ്ധനാണ്